ശ്രീ വാസിയശ്രീതോഷ സമാരംഭ ശ്രീ ശ്രീ ശ്രീ ലോക ശ്രീ സ്ത്രക േഹാനേഹ ുക്തമ സമ്പന്നപാതി നാഡീശ സൃപ്തോഭൂതി കമ്മ സ്ശതി തേജസംപന്നൂപ്രസേവനം ത്മനോ ജാഗ്രസ്വപ്നവസ്ഥം പ്രതിഗമനം ബാഹ്യവിഷയ പ്രതിബോധോ അവിദ്യമോചാമ ഷ്ടവധിതൃം मन व्याप्तो यहां सुप्त सौरे तेजस ही नगतेन सर्व समो व्यापेण चक्षुरादिडीद बाह्य विषय भोगाए असृता अच्छी तथा तस्द निरोधा स्वात्मनेवस्थित स्वनमानी उत्तर പറയുന്നത് അസുഹൃത്തിയിൽ ആ ജീവൻ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു ജാഗ്രത എങ്ങനെ സംഭവിക്കുന്നതാണ് പറഞ്ഞു സ്വരൂപ പ്രക്ഷേപണം അതാണ് ജാഗ്രത സ്വപ്നവും അതെന്തോണു സംഭവിക്കുന്നു പറഞ്ഞു അവിദ്യാ കാമ കർമ്മ ബേജസ് വിദ്യ കാമ കർമ്മ ബീജം ഇവിടെ സാധാരണ ഇതിനെല്ലാം കാരണമായി പറയുന്ന അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം ഇവിടെ അവിദ്യ കാമ കർമ്മ ബീജം എന്ന് പറഞ്ഞിരിക്കുന്നു അവിദ്യയുടെയും ബീജം എന്ന് പറഞ്ഞു അവിദ്യ കാമം കർമ്മം അവിദ്യ തന്നെ സ്വയം ബീജമാണ് സർവത്തിൽ കാരണം സുഷുതിയെ കുറിച്ച് പറയുമ്പോൾ ജാഗ്രസ്വപ്നം സുഷുപ്തി അങ്ങനെ പ്രകടനഗ്രന്ഥങ്ങളിലെല്ലാം സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണശരീരം അങ്ങനെ പറയും സുഷുപ്തി കാരണശരീരം എന്താ പറയുന്നത് ജാഗ്രസ്വപ്നങ്ങൾക്ക് കാരണമായിരിക്കും ആണ് സാധാരണ ജാഗ്രതത്തിലുള്ളത് സ്ഥൂല ശരീരം സ്വപ്നത്തിൽ സൂക്ഷ്മശരീരം സുഹൃത്തിന് രണ്ടിനും കാരണമായതുകൊണ്ട് അവിടെ കാരണശരീരം അജ്ഞാനം എന്ന് പറയും അതിനെ അവിദ്യ എന്നും പറയും ജീവാശ്രിതമായിരിക്കുന്ന അവിദ്യ ഈശ്വരാശ്രിതമായിരിക്കുന്നത് മായ ഇങ്ങനെയെല്ലാം പറയും വേറെ തിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്ന അവിദ്യ കാമ കർമ്മത്തിന്റെ ബീജം എന്ന് പറഞ്ഞിരിക്കുന്നു അവിദ്യയ്ക്കും കാമത്തിനും കർമ്മത്തിനും ബീജമായി അതെന്താണോ സാധാരണ പറയുന്ന അവിദ്യ ആണോ മറ്റെന്തെങ്കിലും ആണോ അതിനോ വ്യക്തമാക്കിയിട്ടാണ് അടുത്ത് പറഞ്ഞത് ബ്രഹ്മവിദ്യ ആകുന്ന അഗ്നി കൊണ്ട് നശിക്കാത്ത ഒന്നുണ്ട് ബ്രഹ്മവിദ്യ ആകുന്ന അഗ്നി എന്തിനെ പ്രകാശിപ്പിക്കുന്നു അല്ലെങ്കിൽ നശിപ്പിക്കുന്നു സ്വസ്വരൂപത്തെ ബ്രഹ്മവിദ്യ സ്വസ്വരൂപത്തെയാണ് പ്രകാശിപ്പിക്കുന്നത് തത്വമസിസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു ആരെ ജീവനെ ബോധിപ്പിക്കുന്നു അങ്ങനെ ബോധിപ്പിക്കുന്നത് ഇതാണ് ബ്രഹ്മവിദ്യാ ഹുദാസ് അതുകൊണ്ട് ദഹിക്കുന്ന എന്തായിരിക്കും ആ ജീവൻ എന്തിനാണോ അറിയാതിരിക്കുന്നത് ആ ജീവന് എന്തിനെ സംബന്ധിച്ചാണോ അറിവില്ലായ്മ ഉള്ളത് അറിവില്ലായ്മയായിരിക്കും ഇല്ലാതാക്കുന്നു സ്വരൂപജ്ഞാനം അതില്ലാതിരിക്കുക അതാണ് സ്വരൂപജ്ഞാനം അത് പ്രത്യേകിച്ചൊരു വസ്തുവ പദാർത്ഥമൊന്നും സ്വരൂപജ്ഞാനം ഇല്ലാതിരിക്കും താൻ ആരാണെന്ന് അറിയാതിരിക്കും അതിനാണ് അജ്ഞാനം എന്ന് പറയും ഒരു വസ്തുവല്ല പദാർത്ഥമല്ല അറിവില്ലായ്മ എങ്ങനെയാണ് വസ്തുവാകുന്നു അല്ലെങ്കിൽ ആ സ്വരൂപജ്ഞാനം അതിന് തന്നെ ചിലസ്ഥലത്ത് അവിദ്യ എന്ന് പറയും ചിലടത്തു മായി പറയും പല പേരുകളിൽ പറയും അതാണ് ബ്രഹ്മവിദ്യ കൊണ്ട് നശിക്കേണ്ടത് വിദ്യ കാമ കർമ്മത്തിന്റെ ബീജം അത് നശിക്കും ബ്രഹ്മവിധിയോണ്ട് അത് നശിച്ചുകഴിഞ്ഞാൽ അതിന്റെ കാര്യമായി വരുന്ന വിധിയെ നശിക്കും സ്വരൂപത്തെ കുറിച്ചുള്ള ജ്ഞാനം അത് നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന അവിദ്യ എന്താണോ സ്വലൂപത്തെ കുറിച്ചുള്ള അജ്ഞാനം തന്നെ അവിജ്ഞ അവിദ്യ എന്ന് പറയുന്നു അത് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് അവിദ്യ ശേഷിക്കുന്നു അതിനവിദ്യാ കാമ കർമ്മം എന്ന് പറയുന്നത് അപ്പൊ അവിദ്യാ കാമകർമ്മങ്ങൾക്ക് ബീജമായ ഒരു അവിദ്യ ആ വിദ്യയുടെ കാര്യമായിരിക്കുന്ന അവിദ്യാകാമകർമ്മങ്ങൾ അങ്ങനെ ഇവിടെ ഭാഷകാരൻ രണ്ടായി തിരിച്ചിരിക്കുകയാണ് അവിദ്യ ഇത് ചിലർക്ക് ബുദ്ധിമുട്ട് പോലെ തോന്നും എന്നാൽ അവിദ്യ ഒരു കാരണം പിന്നെ അതിന്റെ കാര്യമായ അവിദ്യ രണ്ടവിദ്യ അതുകൊണ്ട് ചിലര് വ്യാഖ്യാനം ആ വിദ്യ കാമകർമ്മബീജം കാമകർമ്മ ബീജമായിരിക്കുന്ന വിദ്യ ക്ലിഷ്ടമായ വ്യാഖ്യാനങ്ങളാണ് അവിദ്യക്ക് കാരണമായ ഒരു അവിദ്യ എന്ന് പറയുമ്പോൾ മനസ്സിലായ ആ വിദ്യയാണ് സ്വരൂപജ്ഞാനം തന്നെ അറിയാതിപ്പോൾ രണ്ടാമത് വരുന്ന വിദ്യ അതിൻ്റെ കാര്യമായി വരുന്നത് സ്വരൂപജ്ഞാനത്തിൻ്റെ കാര്യമായി വരുന്നത് സ്വരൂപ ജ്ഞാനം എന്ന് പറയുന്നത് യഥാർത്ഥമായ ജ്ഞാനം പരമാർത്ഥ ജ്ഞാന് ആ ജ്ഞാനം ഇല്ലാതിരിക്കുന്നിടത്തോളങ്ങാൻ ആ വിദ്യയുണ്ട് ആ വിദ്യയുടെ കാര്യമായ അവിദ്യയുണ്ട് അവിദ്യ കാര്യമായി വരുന്ന അവിദ്യ എന്താണ് സ്വരൂപ ജ്ഞാനം ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ താൻ ആത്മാവാണോ അല്ലെങ്കിൽ തൻ്റെ സ്വരൂപം സ്വച്ഛദാനന്ദമാണോ എന്നറിയാതിരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും താൻ ഇതാണോ ഇപ്പണ്ഡമാണോ എന്നറിയും അങ്ങനെ അറിഞ്ഞു ഞാനിതാണ് എന്നറിയും ഈ ഒരു അറിവുണ്ടാകുന്നതിനും മുഖ്യമായ കാരണം എന്താണ് സ്വരൂപത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് അപ്പൊ അറിവില്ലായ്മയിൽ നിന്ന് ഒരറിവുണ്ടാവും താൻ ആരാണെന്നറിയാത്തത് കൊണ്ട് തനിക്ക് മറ്റൊരറിവുണ്ടാവും അതാണ് ഞാൻ ഇതാണെന്നറിയുന്നത് തന്നെ ഈ ശരീരത്തോട് ബന്ധപ്പെടുത്തിയറിയുന്നതാണ് അതിൻ്റെ തന്നെ മറ്റു പേരാണ് ശരീരാഭിമാനം അഹംബോധം ഇത് അവിദ്യയുടെ കാര്യമായതുകൊണ്ട് ഇതിനെ അവിദ്യ എന്ന് പറയും അതുകൊണ്ട് രണ്ടാമെന്ന് പറയുന്ന അവിദ്യ കാമകർമ്മം എന്ന് പറയുന്നു അത് അവിദ്യ സ്വരൂപ അജ്ഞാനം കൊണ്ടുവരുന്ന ദേഹബോധം അത് അവിദ്യ കാര്യമായതുകൊണ്ട് അത് ജ്ഞാനമാണെങ്കിലും അതിനവിദ്യ അവിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യ അല്ലാത്തത് ജ്ഞാനമല്ലാത്തത് വിദ്യ എന്ന് പറഞ്ഞാൽ ജ്ഞാനം അതാണ് വിദ്യ പക്ഷെ ഇവിടെ ദേഹാഭിമാനം അഹംബോധം ദേഹത്തിലുള്ള അജ്ഞാനം തന്നെയാണ് പക്ഷെ അതും അവിദ്യ കാര്യമായതുകൊണ്ട് അതിനെയും അവിദ്യ അതിനെ തുടർന്ന് വരുന്ന മമത എന്റേതെന്നുള്ള ബോധം അതും അവിദ്യയാണ് സ്വയം അത് അവിദ്യ അല്ല അത് പ്രകാശമാണ് അറിവാണ് അറിവാണെങ്കിലും അത് അവിദ്യയുടെ കാര്യമായതുകൊണ്ട് അത് അഹന്ത മമത അതിനെ വരുന്ന അറിവുകളല്ല ശരീരാഭിമാനത്തെ തുടർന്ന് വരുന്ന എല്ലാ അറിവുകളും അവിദ്യ അത് യഥാർത്ഥമായ അറിവല്ല യഥാർത്ഥമായ അറിവ് ഒന്നേ ഉള്ളൂ സ്വർവജ്ഞാനം മാത്രമേ ഉള്ളൂ അറിവില്ലാത്തിടത്തോളം കാലം മറ്റ് പലതരത്തിലുള്ള അറിവുകളുണ്ടാവും പലതരത്തിലുള്ള വിദ്യ ഉണ്ടാവും ഈ ശരീര സംബന്ധിയായി വരുന്ന വിദ്യകൾ ആ അറിവ് അനന്തമാണ് ആ അറിവിനെല്ലാം ഇവിടെ പറയുന്ന അവിദ്യ ഈ അറിവാണ് കാമത്തെ ഉണ്ടാകുന്നത് ഈ ശരീരത്തെ അറിയുന്നു ശരീരത്തിൽ ബോധം വരുന്നു ഇത് അതേ ശരീരത്തിൽ തന്നെ തുറന്ന് ബോധം വരുന്നു മാമ ഇതെന്റതാണ് ഈ ശരീരം ബോധം വരുന്നു അങ്ങനെ ബോധം വരുന്നു ശരീരത്തിൽ രണ്ടും വരുന്നു അഹന്തയും വരുന്നു മമതയും വരുന്നു നീ ആരാണെന്ന് ചോദിച്ചാൽ പറയും ഞാൻ ഇന്നാരാണോ ഞാൻ പുരുഷനാണ് ഞാൻ സ്ത്രീയാണ് അത് അഹന്ത ശരീരത്തിൽ അഹംബോധമുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും ഞാൻ പുരുഷനാണ് സ്ത്രീയാണ് തുടർന്ന് അതേ ശരീരത്തിൽ പറയുന്നു ഈ ശരീരം എൻ്റെ ശരീരമാണ് അത് നിന്റെ ശരീരമാണ് അപ്പം മമത ഇതെല്ലാം വാസ്തവത്തിൽ അറിവില്ലായ്മയല്ല അറിവാണ് അതിൻ്റെയും മമതയും അറിവാണ് പക്ഷെ അത് അവിദ്യ കാര്യമായതുകൊണ്ട് അവരുടെ അടുത്തും ഭാഷകാരം പറയാതെ അവിദ്യയാണ് അത് കാമത്തിന് ഹേതുമായി തീരുന്നു ശരീരത്തിൽ അഭിമാനം ഉണ്ടാകുമ്പോൾ ഈ ശരീരത്തോട് കാമം വരുന്നു ഈ ശരീരത്തോട് ആസക്തി വരുന്നു ഇത് ഇതിനു വേണ്ടി പലതും ചെയ്യണം മമത വരുന്നു ആസക്തി വരുന്നു പ്രവൃത്തി തുടങ്ങുന്നു ഈ ശരീരത്തെ സംരക്ഷിക്കുന്ന ശരീരത്തെ നിലനിർത്തുന്ന ഉള്ള പ്രവൃത്തി ആ തരത്തിൽ അജ്ഞാനകാര്യമായിരിക്കുന്ന അവിദ്യാരൂപത്തിലുള്ള വിദ്യ അല്ലെങ്കിൽ വിദ്യാരൂപത്തിലുള്ള അവിദ്യ അത് കാമകർമ്മങ്ങൾക്ക് ഹേതുവായിത്തീരുന്നു ഇവിടെ ബ്രഹ്മവിദ്യ അഗ്നി കൊണ്ട് അജ്ഞാനം നശിക്കണം എന്ന് പറയുന്നു സ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനം നശിക്കും നീ ആരാണെന്ന് വാസ്തവത്തിൽ അറിയുന്നുണ്ടോ അന്ന് ചോദിച്ചാൽ എനിക്കറിയാം ഞാനൊരു പുരുഷനാണോ അതല്ല അല്ലെങ്കിൽ താൻ മറ്റെന്തെങ്കിലും ആണോ അങ്ങനെ എന്നെക്കുറിച്ച് അറിയാം എനിക്കെന്നെ കുറിച്ച് യാതൊരു സംശയമില്ല മറ്റുള്ളവരെ കുറിച്ച് സംശയമില്ല എന്നെക്കുറിച്ച് സംശയമില്ല എന്ന് തന്നെ കുറിച്ച് വ്യക്തമായും ദൃഢമായും അറിയുന്നു ഇതാണ് അവിദ്യയുടെ ദാർഢ്യമെന്ന് പറയുന്നത് ഇതാണ് മൂലാജ്ഞാനം സർവത്തിനും കാരണമായിരിക്കുന്ന അത് വളരെ ദൃഢമാണ് അർജുത്താൻ ഇന്നാരാണെന്ന് അറിയുന്നില്ല അറിയാതിരിക്കുന്നു ആജ്ഞാനം ഒന്നും മാത്രമാണ് ഈ ആത്മവിദ്യയോട് നശിക്കേണ്ടത് തത്വം മസ്തി എന്ന് ശ്രുതി ബോധിപ്പിക്കുമ്പോൾ ആ ജ്ഞാനം നശിക്കുന്നു ആജ്ഞാനത്തിന്റെ നേരിട്ടുള്ള കാര്യം ശരീരത്തിലുള്ള അഹംബോധം മമതാബോധം ഇതെല്ലാം നശിക്കുന്നു ആ മൂല അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ തുടർന്നു വരുന്ന ആ വിദ്യ നശിക്കുന്നു തുടർന്ന് അതുകൊണ്ട് വരുന്ന കാമങ്ങൾ നശിക്കുന്നു ശരീരാഭിമാനം കൊണ്ടുവരുന്ന കാമം ശരീരാഭിമാനം കൊണ്ട് ശരീരത്തോട് വരുന്ന കാമം വരുന്നു അത് നശിക്കുന്നു ആ കാമപ്രേരിതമായി വരുന്ന കർമ്മങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടതാണ് അത് നശിക്കുന്നു മൂല അജ്ഞാനത്തിൻ്റെ നാശം ആ അജ്ഞാന കൊണ്ടുവരുന്ന അവിദ്യ അല്ലെങ്കിൽ അഹംബോധം മമത തുടങ്ങിയ അത് നശിക്കുന്നു അവിദ്യ അഹംബോധം അവിദ്യ രണ്ടു ഒന്നാണ് അതുകൊണ്ടുവരുന്ന കാമം അത് നശിക്കുന്നു ആ കാമം കൊണ്ടുവരുന്ന കർമ്മങ്ങൾ നശിക്കുന്നു ഇതാണ് തത്വനിഷ്ഠ എന്ന് പറയുന്നത് തത്വ ജ്ഞാനിയുടെ അവസ്ഥ ഇത് ജ്ഞാനത്തിൻ്റെ തന്നെ ഇത് അങ്ങനെ നശിക്കുമ്പോ ഇവിടെ പറഞ്ഞു ജാഗ്രത സ്വപ്നാവസ്ഥാമ്പ്രഗമനം ജ്ഞാനം നശിച്ചു അജ്ഞാനകാര്യമായ അവിദ്യാ കാമകർമ്മങ്ങൾ നശിച്ചും പിന്നീട് ജാഗ്രത സ്വപ്ന അവസ്ഥകളിലേക്ക് പോകും സ്വരൂപ പ്രച്ഛപനം സുഷുതിയിൽ നിന്നുള്ള അപ്രച്യുതിക്ക് കാരണം അജ്ഞാനം നശിക്കാത്താണെന്ന് പറഞ്ഞു നമ്മൾ ഇവിടെ സ്വാഭാവികമായിട്ടും സംശയമുണ്ടാകും അങ്ങനെ ഒരു അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് ഉറങ്ങാനും ഉണരാനും ഉണരാനും സ്വപ്നം കാണാനും എല്ലാം കഴിയും കാരണം ആ അജ്ഞാനം നശിക്കാത്തതുകൊണ്ടാണ് സ്വരൂപ പ്രച്പനം എന്ന് തത്വജ്ഞാനം അജ്ഞാനം നശിച്ചു കഴിഞ്ഞു വീണ്ടും അയാള് സുഷൃപ്തിയിലേക്കും സ്വപ്നത്തിലേക്കും പോകുന്നതിനുള്ള യുക്തി എന്താണ് അങ്ങനെ ചോദിക്കുക പറയുന്ന കാര്യത്തിനൊരു യുക്തി വേണോ അജ്ഞാനം നശിക്കാത്തത് കൊണ്ടാണ് സ്വപ്നങ്ങളിലേക്ക് വരുന്നതെങ്കിൽ അജ്ഞാനം നശിച്ച പിന്നെ ജാഗ്രത വരാൻ പാടില്ലല്ലോ അജ്ഞാന നാശത്തോടു കൂടി തുടർന്ന് വരുന്ന അവിദ്യ നശിക്കും ദേഹാഭിമാനം മമത അത്തരം ജ്ഞാനങ്ങൾ നശിക്കുന്നു നശിച്ചു കഴിഞ്ഞാൽ പിന്നെ കാമില്ല കർമ്മമില്ല പിന്നീട് എങ്ങനെ അയാൾക്ക് ജാഗ്രതയിലേക്ക് വരാൻ കഴിയും കാരണമില്ലല്ലോ കാര്യം ഉണ്ടാകത്തില്ലോ അവിദ്യ കാരണമില്ലെങ്കിൽ അവിദ്യ ആകുന്ന കാര്യവും ഇല്ല വിദ്യ കാരണമാകുന്ന അജ്ഞാനം ഇല്ലെങ്കിൽ ആ വിദ്യ കാര്യമില്ല പിന്നെ അയാൾക്ക് സ്വലൂപ പ്രച്തി എങ്ങനെ സംഭവിക്കുന്നതാണ് വ്യാഗ്രസ്വപ്നങ്ങളിലേക്ക് അതിന്റെ സമാധാനത്തെ കഴിഞ്ഞാൽ സൂചിപ്പിച്ചു നല്ലത് വ്യക്തമായി ധരിക്കേണ്ട ഒരു കാര്യമാണ് വാസ്തവത്തിൽ ജാഗ്രത സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള ജാഗ്രത സ്വപ്നങ്ങൾ ഈ അവിദ്യ കാമകർമ്മങ്ങൾ ഉള്ളിടത്തേ ഉള്ളൂ അല്ലടത്ത് ജാഗ്രത സ്വപ്നങ്ങളില്ല ദേഹാഭിമാനം മമത അതിനെ തുടർന്നു വരുന്ന കാമകർമ്മങ്ങൾ അതാണ് സംസാരം ഈ സംസാരം തന്നെയാണ് ജാഗ്രത് സ്വപ്നത്തിൽ അതിനെ നമുക്ക് സ്വപ്ന സംസാരം എവിടെ ഇത് തന്നെയാ ഉണ്ട് അവിദ്യ കർമ്മങ്ങളുണ്ട് ഈ ജാഗ്രത് ഒരാൾ ആത്മബോധമില്ലാത്ത ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഈ ജാഗ്രത ആത്മബോധമുള്ള ഒരാളെ സംബന്ധിച്ച് ഈ ജാഗ്രത ഇല്ല എന്നുള്ളതാണ് പരമാർത്ഥം സ്വപ്നവുമില്ല സ്വപ്ന ലോകവുമില്ല സ്വപ്ന ജീവൻ മുക്തി തത്വജ്ഞാനിയുടെ വ്യവഹാരമെല്ലാം എങ്ങനെ സംഭവിക്കും അതുകൊണ്ടാണ് ആ ഈ ജാഗ്രതയിൽ ഉൾപ്പെടുത്താതെ ആജ്ഞന്റെ ജാഗ്രത ഉൾപ്പെടുത്താതെ അതിനെ പരാജാഗ്രതന്ന് പറഞ്ഞു ആ തത്വജ്ഞന്റെ ജാഗ്രത്ത് അതിനെ ഈ ജാഗ്രതെന്ന് വേർതിരിച്ച് പറയുന്നതിന് കാരണം അവിടെ സത്വജ്ഞനൻ വ്യവഹാരമുണ്ട് അതെല്ലാം ഉണ്ടെങ്കിലും ഈ അവിദ്യ കാമ കർമ്മ അവിടെ നശിച്ച എന്തുകൊണ്ട് അതിൻ്റെ ബീജം നശിച്ചുണ്ട് ദേഹാഭിമാനം മമത തുടങ്ങിയ അവിദ്യ അത് നശിച്ചു അതാണല്ലോ ജ്ഞാനത്തിൻ്റെ ഫലം അതുകൊണ്ട് പ്രേരിതമായി വരുന്ന വിടെ ഇല്ല ദേഹാഭിമാന പ്രേരിതമായി വരുന്ന കാമില്ല കാമെന്ന് വെച്ചാൽ ഇച്ഛ അതില്ല അതിനെ തുടർന്ന് വരുന്ന പ്രവൃത്തികളുമില്ല അപ്പോ ഒരു തത്വജ്ഞനം സ്വരൂപ പ്രഖ്യപനം സംഭവിക്കുന്നില്ല സുഷൃത്തി ജാഗ്രത സ്വപ്നങ്ങളിലൊന്നും സ്വരൂപ പ്രച്ഛനം സംഭവിക്കുന്നില്ല പക്ഷെ തത്വജ്ഞന അങ്ങനെയാണല്ലോ കാണുന്നത് തത്വൻ തത്വജ്ഞനും അന്നപാനാദി വ്യവഹാരമുണ്ട് ഇച്ഛയിൽ ഉണ്ടാകാതെ അതങ്ങനെ സംഭവിക്കും ശിഷ്യന് ഉപദേശം കൊടുക്കുന്നുണ്ട് ശിഷ്യന്റെ ക്ഷേമത്തെ കല്യാണത്തെ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള കാമുണ്ട് കാമത്തിനനുസരിച്ചുള്ള കർമ്മം നമ്മൾ കാണുന്നുണ്ട് ലോകസംഗ്രഹ പ്രവൃത്തികൾ ഉൾപ്പെടെയുള്ള സർവ്വകർമ്മങ്ങളും കാണുന്നുണ്ട് തത്വജ്ഞന് അല്ലെങ്കിൽ ശിഷ്യ ഉപദേശ രൂപത്തിലുള്ള കർമ്മങ്ങൾ എല്ലാം കാണുന്നുണ്ട് അവിദ്യാകാമകർമ്മങ്ങൾ ഇനി അവിദ്യയും കാണുന്നുള്ളു തത്വജ്ഞൻ കാരണം തത്വജ്ഞൻ ശരി ആത്മാവിനെ അറിയുന്നു എന്ന് നമുക്ക് പക്ഷേ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം അറിയാനുണ്ട് എല്ലാം അറിയുന്നുണ്ടോ തത്വജ്ഞൻ എന്ന അറിയുന്നുള്ളു ആത്മാവിനെ അറിഞ്ഞു എന്നു പറയുന്നത് ശരി പക്ഷെ ലോകത്തെ അറിയുന്നില്ലല്ലോ ലോകത്തിലെല്ലാ കാര്യങ്ങളും അറിയുന്നു ഭൂതവർത്തമാന ഭാവികളെ അറിയുന്നുണ്ട് സ്ഥൂല സൂക്ഷ്മങ്ങളെല്ലാം അതാത് രൂപത്തിൽ അറിയുന്നുണ്ട് ഒന്നും അറിയുന്നില്ലല്ലോ അങ്ങനെ അറിയണമെന്നില്ല തത്വജ്ഞറിയണമെന്ന് നിയമവും ഇല്ല അറിയുന്നുമില്ല തത്വജ്ഞനപരഹൃദയജ്ഞാനം വേണമെന്നില്ല അഷ്ടൈശ്വര്യങ്ങൾ അതൊക്കെ അതിലൂടെ അറിയുന്ന കാര്യങ്ങൾ മണിമാതി സിദ്ധികളിലൂടെ അറിയുന്ന കാര്യങ്ങൾ തത്വജ്ഞന അറിയണമെന്നില്ല അങ്ങനെയൊന്നും അങ്ങനെ ഒരുപാട് അറിയില്ലായ്മയുണ്ട് അപ്പോൾ അവിദ്യ എങ്ങനെ നശിക്കും തത്വൻ അവിദ്യ കാമ എങ്ങനെ നശിക്കും നശിച്ചില്ലെങ്കിൽ പിന്നെ അവിടെ സ്വരൂപ അല്ലേ എന്ന് സംശയിക്കും പ്രഹൃദയജ്ഞാനം പോലെയുള്ള കാര്യങ്ങൾ തത്വജ്ഞാനത്തിന്റെ ഫലമല്ല മണിമാതി ഐശ്വര്യത്തിന്റെ ഫലമാണ് ഐശ്വര്യ ഫലമാണ് അങ്ങനെയുള്ള സാധനങ്ങൾ അനുഷ്ഠിച്ച് അത് നേടിക്കഴിഞ്ഞാൽ അത്തരം ഫലങ്ങളുണ്ടാവും തത്വജ്ഞാനത്തിന്റെ അടയാളമുണ്ട് തത്വജ്ഞാനത്തിൽ അഹന്ത മമത നശിക്കുന്നു തത്വജ്ഞാനത്തിൽ ശോകപാരം ി നാരത്തിനോട് പറഞ്ഞത് അതാണ് അതാണ് അതിന്റെ ഫലമായിട്ടുള്ളത് മറ്റുള്ളതൊന്നുമില്ല അത്ഭുതങ്ങളൊന്നും അതിന്റെ ഫലമായി അവിടെയും തത്ത് ഞാൻ കാണുന്നുണ്ടല്ലോ അറിവില്ലായ്മ കാമകർമ്മങ്ങളെല്ലാം ഈ പറഞ്ഞ തരത്തില് അപ്പൊ സ്വരൂപ പ്രച്ഛുപന സംഭവിക്കുന്നില്ലേ സമാനം പറയുന്നത് എന്താണോ അത് സംഭവിക്കുന്നില്ല തത്വജ്ഞനും തത്വജ്ഞന്റെ വ്യവഹാരത്തെ അനുസരിച്ച് നമുക്ക് പറയാം തത്വജ്ഞനും ജാഗ്രസത്തിന് സൃഷ്ടികളെല്ലാം ഉണ്ട് അച്ഛന്റെ ഇതുപോലെ തന്നെ എന്നാൽ വ്യത്യാസമുണ്ട് എന്താണ് മൂലാജ്ഞാനം നിശ്ചയിക്കുന്നു ആത്മാവിനെ അറിയുന്നില്ല എന്നുള്ള അജ്ഞാനം അതിനാണ് മൂലാജ്ഞാനം പോയത് ഞാൻ എന്റെ സ്വരൂപം എന്താണെന്ന് ധരിക്കുന്നില്ല എന്നുള്ള അജ്ഞാനം അത് നിശ്ചയിക്കുന്നു അതിന്റെ കാര്യമായി വരുന്ന വിദ്യ അഹന്ത മമത ഇതെല്ലാം നിശ്ചയിക്കുന്നു ആ അഹന്ത മമത കൊണ്ടുവരുന്ന കാമം മിച്ച അതിനെ തുടർന്ന് വരുന്ന കർമ്മങ്ങൾ അതെല്ലാം നിശ്ചയിക്കുന്നു കാണപ്പെടുന്നതോ അത് കേവലം ആ അതിന്റെ നിഴിന് മാത്രം അത് കേവല പ്രതീതി മാത്രം അല്ലാ പരമാർത്ഥത്തിലില്ല അതുകൊണ്ട് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം സ്വരൂപ പ്രച്ഛപനം എന്ന് പറയുന്നില്ല എന്നാലും ഉറക്കത്തിൽ നിന്ന് ഉണരുന്നില്ലേ എന്ന് ചോദിച്ചു ഇനി ഉറങ്ങുന്നെങ്കിൽ അവിടെ അജ്ഞാനം വേണ്ടേ പറയുന്നു ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു പിന്നെ ഇങ്ങനെ ഉറങ്ങാൻ പറ്റും അജ്ഞാനമില്ലാതെ അതിനു വേണ്ടിയിട്ടാണ് ഈ ചർച്ചയെല്ലാം ചെയ്യുന്നത് ഒരു അജ്ഞനെ സംബന്ധിച്ച് ആത്മബോധമില്ലാത്തവനെ സംബന്ധിച്ച് ഈ പറയുന്ന സ്വരൂപ സമ്പത്തിക്ക് വേണ്ടി ഉറങ്ങേണ്ടി വരും ഉറങ്ങിയാലേ ആ സ്വരൂപസ്ഥിതി എന്താണെന്ന് പറഞ്ഞു തഥാ സമ്പന്ന ആ അവസ്ഥയിൽ മാത്രമേ ഉള്ളൂ സ്വരൂപസ്ഥിതി ആ സ്വയം തത്ത്വജ്ഞാനെ സംബന്ധിച്ചിടത്തോളം സ്വരൂപസ്ഥിതിക്ക് വേണ്ടി ഉറങ്ങേണ്ട കാര്യമില്ല ഉറങ്ങിയല്ലായാലും സ്വരൂപസ്ഥിതി അതുകൊണ്ടാണ് പറയുന്നത് ശോകത്തിന്റെ പാരം െയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു തത്വചിനെ സംബന്ധിച്ചിടത്തോളം സ്വരൂപസ്ഥിതി ജാഗ്രത ജാഗ്രത തന്നെയാണ് സ്വരൂപസ്ഥിതി അതുകൊണ്ട് അജ്ഞനെ പോലെ സ്വരൂപസ്ഥിതിക്ക് വേണ്ടി സുഷുതി പോവേണ്ട കാര്യമില്ല ജാഗ്രതയിൽ തന്നെ സ്വരൂപസ്ഥിതി അപ്പൊ അവിടെ സ്വരൂപ പ്രക്ഷേപനം സംഭവിക്കുന്നില്ല നിങ്ങൾ വേറൊരവസ്ഥയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് പറയുന്നത് സ്വരൂപ പ്രക്ഷേപനമെന്ന് ഇവിടെ അത്തരത്തിലുള്ള ഗതാഗതമില്ലെങ്കിൽ സ്വരൂപസ്ഥിതിയിലാണെങ്കിൽ പിന്നീട് പോയിട്ട് അവിടെ നിന്ന് മാറി മാറിപ്പോവുക അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ജാഗ്രത്തിൽ തന്നെ സ്വരൂപസ്ഥിതി എന്തുകൊണ്ട് ജാഗ്രത്തിൽ സ്വരൂപസ്ഥിതി വരുന്നു സുരക്ഷിതയിൽ പോകേണ്ട ആവശ്യം എന്തുകൊണ്ട് വരുന്നില്ല അതുകൊണ്ട് ജാഗ്രത നശിപ്പിച്ചു ഈ സുരൂപസ്ഥിതിക്ക് തടസ്സമുണ്ടാക്കുന്ന ബീജത്തെ ജാഗ്രത തന്നെ നശിപ്പിച്ചു അതുകൊണ്ട് ജാഗ്രതയിൽ തന്നെയാണ് സ്വരൂപസ്ഥിതി അതുകൊണ്ട് ഇവിടെ പറയുന്ന തരത്തിലുള്ള പ്രച്ഛ്യപനം സ്വരൂപ പ്രച്വനും സംഭവിക്കുന്നുണ്ടാലും ഒരു ചോദ്യം അവശേഷിക്കും എന്നാലും അജ്ഞാനമില്ലാതെ ഇങ്ങനെ ഉറങ്ങും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം വരുന്നത് ഒരു അജ്ഞനെ സംബന്ധിച്ചിടത്തോളം അജ്ഞാനം കൊണ്ടേ അവന് ഉണരാൻ പറ്റൂ അവൻ ഉണരുന്നത് അവിദ്യയിലാണ് അതനവിദ്യ അവിദ്യ കാമ കർമ്മം എന്ന് പറയുന്നത് ഈ ജാഗ്രതനെയാണ് അപ്പം അജ്ഞാനം കൊണ്ട് മാത്രം ഉണരാൻ കഴിയുന്ന ഒരുവന് അജ്ഞാനമില്ലാതെ ഉറങ്ങുന്നതിനെക്കുറിച്ച് സങ്കല്പിക്കാൻ പറ്റത്തില്ല കാരണം അവന് ഉറങ്ങണമെങ്കിലും ഉണർന്നിരിക്കണമെങ്കിലും അജ്ഞാനം വേണം അതിലാ സാധ്യമല്ല അജ്ഞാനം കൂടാതെ ഒരാൾക്ക് ഉണർന്നിരിക്കാമെങ്കിൽ അജ്ഞാനം കൂടാതെ ഉറങ്ങാനും പറ്റും പക്ഷെ അതിനുവേണ്ടി എന്ത് ചെയ്യണം അജ്ഞാനം കൂടാതെ ഉണർന്നിരിക്കും അത് നടക്കുന്ന കാര്യമാണ് അതിനെ ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത് ജ്ഞാനനിഷ്ഠയിൽ അയാൾ ഉണർന്നിരിക്കുന്നത് അജ്ഞാനം കൂടാതെയാണ് അതെങ്ങനെ സംഭവിക്കും കാരണം ഇവിടെ അയാളെല്ലാം ലോകത്തെ പ്രപഞ്ചത്തെല്ലാം അറിയുന്നില്ല അയാളിൽ ഇപ്പം ഇച്ഛ കാണുന്നുണ്ട് കർമ്മം കാണുന്നുണ്ട് അപ്പോൾ അയാൾ അജ്ഞാനം കൂടാതെ ഉള്ളിരിക്കുന്നു എന്നങ്ങനെ പറയാൻ പറ്റും അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ആ മൂലാജ്ഞാനം ആ മൂലാജ്ഞാനം കൊണ്ടുവരുന്ന അവിദ്യ അതായത് അഹന്താമത അത് പ്രേരിപ്പിക്കുന്ന അതുകൊണ്ട് വരുന്ന കാമം ഈച്ഛ അതുകൊണ്ടുവരുന്ന കർമ്മം ഇതില്ല തത്വൻ അതുകൊണ്ടാണ് തത്വ്ഞനിൽ കാണപ്പെടുന്ന അവിദ്യകാമ കർമ്മങ്ങൾ കേവലം നേഴലാണ് ഗീതാ ഭാഷ തെരഞ്ഞു ഭാഷകാരൻ വ്യക്തമായി കേട്ടുണ്ട് അത് കേവലം നേഴലെന്ന് പറയാം അതിനെ വിശദീകരിക്കാൻ വേറെ വാക്കുകൾ അങ്ങനെ പറയുന്നത് നിഴലെന്ന് അപ്പോ അത് െ ബന്ധിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തത്വജ്ഞൻ വാസ്തവത്തിലുള്ള ഈ അവിദ്യാകാമകർമ്മങ്ങൾ കൂടാതെ തന്നെ ജാഗ്രത സ്വരൂപസ്ഥിതനായിരിക്കുന്നത് കൊണ്ട് അയാൾ സുഷ്ടും സ്വരൂപസ്ഥിതം തന്നെ സ്വപ്നത്തിലും സ്വരൂപസ്ഥിതം തന്നെ ഏതുപോലെ ആത്മാവ് സദാ ഈ അവസ്ഥകളോടൊന്നും ഒരു ബന്ധമില്ലാതെ അവസ്ഥകൾക്ക് അതീതനായി നിത്യശുദ്ധ മുക്തസ്വരൂപനായി ഇരുന്നിട്ടും അവന് സ്വരൂപച്ച് അവന് സംഭവിക്കുന്നു നമ്മൾ കരുതുന്നു അതുപോലെ കരുതിയാവൻ അത്യശുദ്ധനല്ലേ എന്നിട്ടും പറയുന്നു അവൻ സൂക്ഷത്തി പോകുന്നു അവിടെ അവൻ അജ്ഞനായിരിക്കുന്നു ജാഗ്രത്തിൽ വരുന്നു ഹന്തയ്ക്കും മമതയ്ക്കും അധീനനായിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ പരമാർത്ഥത്തിൽ നിത്യസിദ്ധമുക്തനായിരിക്കുന്ന ആത്മാവിനാണ് ഇതെല്ലാം പറയുന്നു ഈ പരമാർത്ഥത്തെ ബോധിക്കുന്നവനാണ് ഞാനീന്ന് പറയുന്നത് അപ്പൊ ഞാനീ സംബന്ധിച്ച് എപ്പോഴും പരമാർത്ഥം തന്നെ ജാഗ്രത ആയാലും ശരി സ്വപ്നമായാലും ശരി സുഹൃത്തിയായാലും ശരി പരമാർത്ഥ സ്ഥിതി തന്നെയായിരിക്കും ഈ പരമാർത്ഥ ബോധം ഉള്ളത് കൊണ്ടാണ് ഒരാളെ ജ്ഞാനി എന്ന് പറയുന്നത് ഈ പരമാർത്ഥബോധം ഉള്ളത് കൊണ്ടാണ് ഒരാളെ സ്വരൂപസ്ഥിതി എന്ന് പറയുന്നത് ആണോ ഒരു സംശയമില്ല സമാ ചിതപ്രജ്ഞനെന്ന് പറയുന്നു അപ്പം ആ പരമാർത്ഥബോധമുള്ളത് കൊണ്ടാണ് ഒരാൾ ചിതപ്രജ്ഞനായിരിക്കുന്നെങ്കിൽ അവിടെ ചിലരുടെ മനസ്സിന് സംശയം വരും എന്താ അയാൾക്ക് സുഹൃത്തിയിലും സ്വരൂപസ്ഥിതനാവണമെങ്കിൽ അവിടെയും ഈ പരമാർത്ഥബോധം വേണ്ടേ ഞാൻ വെറുതെ ജ്ഞാനികൾക്ക് അജ്ഞാനത്തെ ഉണ്ടാക്കുകയാണ് സംശയങ്ങളും ഉണ്ടാക്കുകയാണ് അങ്ങനെ ചിലർ സംശയിക്കും ഇവിടെ ഒരാൾ സ്വരൂപസ്ഥിതനായിരിക്കുന്നു എന്തുകൊണ്ടും ഈ ആത്മബോധം ഉള്ളതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ സുഹൃത്തിയിലും സ്വരൂപസ്ഥിതനാണെന്ന് പറയുന്നത് അവിടെ ആത്മബോധം വേണ്ടേ ഇതൊക്കെ അജ്ഞന്റെ നിലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത് സുഹൃത്തി വേറെ ജാഗ്രത പേരെ സ്വപ്നം വേറെ എന്നുള്ള ബോധത്തിലൊന്നുമുണ്ട് ഈ ബോധത്തിന് ഈ ഭേദബോധത്തിന് കാരണമായിരിക്കുന്ന എന്താണ് ആ മൂല അജ്ഞാനം ആ മൂല അജ്ഞാനം നിലനിൽക്കുന്നതുകൊണ്ട് ഈ ഭേദബോധം വരുന്നിങ്ങനെയാണോ ഈ പ്രപഞ്ചത്തിൽ ശബ്ദസ്പർശ രൂപ രസഗന്ധ ഭേദബോധമുള്ളത് അതുപോലെ ഈ അവസ്ഥകളിൽ ഇത് മൂന്നവസ്ഥകൾ എന്നുള്ള ഭേദബോധം വരുന്നു സ്വരൂപസ്ഥിതിനെ സംബന്ധിച്ചിടത്തോളം സ്വസ്വരൂപത്തിൽ ഭേദമില്ല ജാഗ്രസ്വപ്ന സുഹൃത്തികളിലെല്ലാം സ്വരൂപസ്ഥിതിയാണ് അവിടെ ഭേദമില്ല അതുകൊണ്ട് തന്നെ ആ ഭേദത്തെ ആശ്രയിച്ചുള്ള പ്രശ്നങ്ങളുമില്ല സുഹൃത്തിയിൽ ബോധമുണ്ടോ സുഹൃത്തിയിൽ അജ്ഞാനമുണ്ടോ അതൊന്നുമില്ല ആ ഭേദബോധങ്ങളെല്ലാം ഈ ജാഗ്രതയിൽ തന്നെ അവസാനിച്ചു പിന്നീട് ബാക്കിയുള്ളതിനെല്ലാം കേവലം ഛായ അത് സ്വപ്നമായാലും ശരി സുഷു ആയാലും ശരി ജാഗ്രതായാലും പറയുമ്പോൾ എങ്ങനെ പറയും ജാഗ്രത ഇവ ജാഗ്രത പോലെ ഒരു ജാഗ്രത് സുപ്തിരിവ അജ്ഞന്റെ സുഷുപ്തി പോലെ ഒരു സുഷുപ്തി സ്വപ്നവർ അജ്ഞന്റെ സ്വപ്നം പോലെ ഒരു സ്വപ്നം എന്നേ അതിനെ പറയാൻ പറ്റും എന്നാലും അതിനെക്കുറിച്ചുള്ള സംശയം അങ്ങോട്ടും മാറുന്നില്ല അതാണ് അജ്ഞാനത്തിൻ്റെ അടയാളം അത് ജ്ഞാനം കൊണ്ടുള്ള അല്ലാതെ ഈ സംശയങ്ങൾ പൂർണ്ണമായും മാറത്തില്ല അജ്ഞാനോടത്തോളം കാലം അതിന്റെ കാര്യമായ ഈ സംശയങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും അതിന് എന്താണ് ഈ ബ്രഹ്മവിദ്യ അഗ്നി കൊണ്ട് ആ അജ്ഞാനം നശിക്കണം മൂലാജ്ഞാനം നശിക്കണം അത് നശിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അയാൾ സദാസ്വരൂപസ്ഥിതിയിലായതുകൊണ്ട് അയാൾക്ക് സ്വരൂപജീവനം സംഭവിക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് അയാൾക്ക് സ്വരൂപസ്ഥിതിക്ക് വേണ്ടി ഉറങ്ങേണ്ട കാര്യമില്ല ഈ പറയുന്നതാണ് പരമാർത്ഥമെങ്കിൽ ഉണർന്നിരിക്കുന്നതിലും നല്ല കൂടുതൽ ഉറങ്ങുന്നതല്ലേ നമ്മൾ ചോദിക്കും കാരണം അവിടെ സ്വരൂപസ്ഥിതിയുണ്ട് ഇവിടെ ആണെങ്കിൽ അങ്ങനെയല്ല അത് എൻ്റെ ചോദ്യമാണ് നിങ്ങൾ പറയുന്നത് സുഹൃത്തിയാണ് വലിയ ക്ഷേമമായിരിക്കുന്നത് അവിടെയാണ് മുക്തി അവിടെയാണ് പറഞ്ഞ് കേൾക്കുമ്പോൾ തോന്നുന്നത് ഈ ശ്രവണ മനനങ്ങളൊക്കെ എത്തിയ സമയം കൂടി ഉറങ്ങുക നമ്മൾ ചെയ്യുന്നവര് അത്രയും സമയം കൂടി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ എന്തുകൊണ്ടങ്ങനെ വരുന്നത് കാരണം ഇവിടെ നമ്മൾ ധരിക്കുന്നു ആ സ്വരൂപസ്ഥിതി സുഹൃത്തിയിലേ ഉള്ളൂ മറ്റുള്ളവടത്തില്ല അങ്ങനെ ധരിക്കുന്നിടത്തോളം കാലം ഇത് ശരിയാണ് ആ സമയം കൂടി ഉറങ്ങുക ഇതിങ്ങനെ വിശ്വസിച്ച് ഉറങ്ങുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെ കുറെ മനസ്സിലാക്കിയിട്ടേ സുഹൃത്തിയാണ് സ്വരൂപസ്ഥിതി എന്ന് മനസ്സിലാക്കിയിട്ട് കഴിയുന്നത്ര സമയം ഉറങ്ങുന്ന ഒരു സാമ്യം ഞാൻ കണ്ട് എന്താ കാരണം ഉപനിഷത്തി പറഞ്ഞിരിക്കുന്നത് സുഷൃതിയാണ് സ്വരൂപസ്ഥിതി എന്താ നിങ്ങളിങ്ങനെ ഉറങ്ങുന്നത് സുഷൃക്തിയാണ് സ്വരൂപസ്ഥിതി അത് ശരിയാണ് സുഷൃക്തിയാണ് വർഷങ്ങൾക്ക് മുമ്പാണ് പത്ത് മുപ്പത് നാപ്പത് വർഷം മുമ്പ് ഒരു സ്വാമിയെ കണ്ട് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാ കഴിയുന്നത്ര സമയം അയാൾ ഉറങ്ങും എന്താണ് ഇത് അയാൾക്ക് പിടിയും കിട്ടി സുഷുതിയാണ് സ്വരൂപസ്ഥിതി എന്നുള്ള കാര്യം അതുകൊണ്ടിറങ്ങും ഞാൻ ചോദിച്ചു ശരി അവിടെ ശ്രുതിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കഴിയുന്നത്ര ഉറങ്ങണമെന്ന് ആ കാര്യം പറഞ്ഞിട്ടുണ്ടോ അത് പറഞ്ഞിട്ടില്ല പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഉറങ്ങുന്നത് അത് നമ്മുടെ ബുദ്ധിയുണ്ട് മനസ്സിലാക്കണം അതിന് എല്ലാം വേദം പറയേണ്ട കാര്യമില്ല നമുക്കും ബുദ്ധിയുണ്ടല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വരൂപസ്ഥിതി ആണ് സുഷൃത്തി അതൊന്നും നമ്മൾ ഉറങ്ങുക സ്വരൂപസ്ഥിതി സുഷൃത്തിയാണെങ്കിൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല അതാണ് വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഉറങ്ങുക തന്നെ അതാണ് അത്പജ്ഞനെ ബോധ്യപ്പെടുത്താൻ വലിയ പ്രയാസമാണ് വിപരീതം ഞാനുണ്ടാവും അജ്ഞാൻ അവശേഷിക്കുന്ന ആള് മനസ്സിലാക്കി എന്താണ് സ്വരൂപസ്ഥിതി സുഹൃത്തിയിലാണോ അവിടെ നിന്ന് വരുന്നത് സ്വരൂപപ്രത്യവനാണെന്ന് മനസ്സിലാക്കി പക്ഷെ ഇത് മനസ്സിലാക്കുന്ന എന്തിനു വേണ്ടിയിട്ട് ഇതെപ്പോഴാണ് മനസ്സിലാക്കുന്നത് സുഹൃത്തിയിലാണോ അല്ല മനസ്സിലാക്കുന്നത് ജാഗ്രതയിലാണ് എന്തിനു മനസ്സിലാക്കുന്നു ജാഗ്രതസ്ഥിതിക്ക് വേണ്ടി ജാഗ്രത സ്വരൂപസ്ഥിതി കൈവന്നാൽ പിന്നെ സ്വരൂപസ്ഥിതിക്ക് വേണ്ടി ഉറങ്ങേണ്ട കാര്യമുണ്ടോ ജാഗ്രതാണ് ഈ ജ്ഞാനത്തിന് പ്രയോജനം ഇപ്പൊ ജാഗ്രതത്തിലാണ് ഈ ജ്ഞാനത്തെ സമ്പാദിക്കേണ്ടത് മറ്റൊരവസ്ഥയില ജാഗ്രത നേടണം അപ്പൊ ജാഗ്രത നേടിക്കഴിഞ്ഞാൽ പിന്നെ സുഹൃത്തി പോയി സ്വരൂപസ്ഥിതിയുടെ ആവശ്യമില്ല സ്വരൂപ പ്രക്ഷേപനം പിന്നെ സംഭവിക്കുന്നില്ല ഒരവസ്ഥയിൽ സംഭവിക്കുന്നില്ല പിന്നെ ജാഗ്രത സ്വപ്ന സുഷൃപ്തികൾ സംഭവിക്കുന്നുണ്ടെങ്കിലും അത് അജ്ഞതിന് സമമല്ല അത് സ്വരൂപഭ്രംശം കൊണ്ട് സംഭവിക്കുന്നതല്ല ജാഗ്രത സ്വരൂപസ്ഥിതി തന്നെ സംഭവിക്കുന്നതാണ് കാരണം ഈ കാര്യം വ്യക്തമാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നാൽപ്പത് കൊല്ലം മുമ്പ് കണ്ട സ്വാമി പോലെ ഇവിടെയും എല്ലാവരും ഉറങ്ങാൻ തുടങ്ങും ഇവിടെ ഒരു സ്വാമി വന്നു പറഞ്ഞു തന്നു സുഷൃപ്തിയാണ് ശ്രേഷ്ഠം അതുകൊണ്ട് ഉറങ്ങുക തെറ്റിദ്ധരിച്ചു പോവും അതല്ല ഈ പറയുന്നതിന്റെ ഉദ്ദേശം അദ്വീതത്തിന് രണ്ടു തരത്തിലാണ് ചിലപ്പോൾ ആ തത്വത്തെ വിശദമാക്കാൻ തന്നെ ശ്രമിക്കും ഇന്നതാണോ പക്ഷെ അവൻ തർക്കിക്കാമെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ കുതർക്കം തിരിച്ച് കുത്തർക്കം കൊണ്ട് അവന്റെ മനസ്സിനെ അടക്കും അവിടെ തത്വത്തെ വിശദീകരിക്കണം ഇത് ജാഗ്രതയിൽ തന്നെ സംഭവിക്കണം സ്വരൂപസ്ഥിതി സുഹൃത്തി പോയി നേടുക അല്ല അതിനാണ് ഉപദേശിക്കുന്നതല്ല പിന്നെ സുഹൃത്തിളൂ ജാഗ്രത അല്ലെങ്കിൽ അവിടെ ആ ഭേദമല്ല ജാഗ്രത സ്വപ്ന സുഹൃത്തി എന്നുള്ള ഭേദമില്ല ഇതെല്ലാം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ജാഗ്രസ്വപ്ന സുഹൃത്തികളെല്ലാം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് ജാഗ്രതായാലും സുഹൃത്തിയായാലും സ്വപ്നമായാലും ഒന്നുപോലെ ജാഗ്രത സ്വപ്ന സുഷുപ്തി സംവിത് എന്ന് പറഞ്ഞിരിക്കുന്നു ജാഗ്രത സ്വപ്ന സുഷൃപ്തികളുടെ അവിടെ ഭേദമല്ല അവിടെ സുഷൃപ്തിക്ക് പ്രാധാന്യമൊന്നും ചിലര് സംശയിക്കു പറഞ്ഞു പറഞ്ഞു വരുമ്പോ നമ്മളെ സുഹൃത്തിയിൽ കൊണ്ടെത്തിക്കുകയാണ് സുഹൃത്തിക്ക് എന്തോ സവിശേഷതയുണ്ട് ജാഗ്രത സ്വപ്നത്തിനുണ്ടാകുക യാതൊരു സവിശേഷതയും സുഹൃത്തിക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ട് അത് ശ്രേഷ്ഠമാണെന്ന് പറയാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞു മറിച്ച് എന്താണ് ജാഗ്രത സുഷുപ്തിര സ്വപ്ന സുഷുപ്തികളിൽ സ്ഫുടമായിരിക്കുന്ന സംയുത് അതിനെ കുറിച്ചാണ് പറയുന്നത് അതിന് അങ്ങനെ പക്ഷഭേദമില്ല സുഷുപ്തി ശ്രേഷ്ഠമാണ് ജാഗ്രത മോശമാണ് സ്വപ്നം മോശമാണ് അങ്ങനെ ആ സംയുത് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ സംയുത്ത് തന്നെ സുഷുപ്തിയായിരിക്കുന്നു ആ സംയുത്ത് തന്നെ ജാഗ്രത ആയിരിക്കുന്നു സ്വപ്നമായിരിക്കുന്നു ഇതെല്ലാം ആയിരിക്കുന്നതുകൊണ്ട് ഇത് മൂന്നുമായിരിക്കുന്നതുകൊണ്ട് അതിനെ തുര്യൻ എന്നും പറയും മൂന്നുമായിരിക്കുന്നത് തുര്യം മൂന്നിനെയും നിലനിർത്തുന്നത് അത് തുര്യം നമ്മൾ ജാഗ്രത നില്ക്കുന്നില്ല സുഷുത്തിയിലും പോയി ഉറങ്ങുന്നില്ല സ്വപ്ന അല്ല മറിച്ച് തുര്യനിലാണ് അത് ജാഗ്രത സ്വപ്ന സുഷുതികളിൽ സ്ഫുടരം ആ സ്ഫുടതയ്ക്ക് വേണ്ടിയിട്ടാണ് ജാഗ്രതയിലിതിനെ ചർച്ച ചെയ്യുന്നത് അല്ലാതെ ഉറങ്ങാൻ വേണ്ടിയിട്ടുണ്ട് സുഷൃത്തി എന്ന് പറയുന്നത് ഈ ജാഗ്രതത്തിലിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അതീ രജ്ഞസർപ്പതിഷ്ടം പറയുന്നത് പോലെയുള്ളൂ അതിനില്ലാത്ത പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല ജാഗ്രതനില്ലാത്ത പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ജാഗ്രത ഇപ്പോൾ ഇല്ലാത്തതും എന്നാൽ നമുക്ക് നിഷേധിക്കാൻ കഴിയാത്തതുമായ അല്ലെങ്കിൽ നമ്മൾ ഓർക്കുന്നതുമായ ഒരു അവസ്ഥ അതിനെ ഒരു ഉദാഹരണം നിർദ്ദേശിക്കുന്നു എന്നേ ഉള്ളൂ സുഷുക്തി ഒരു പ്രാധാന്യവും അതിലില്ല എന്തുകൊണ്ട് ജാഗ്രതും സുഷുപ്തിയും സ്വപ്നവുമെല്ലാം ഒരു സംസ്ഥല സംഭവിക്കുന്നു പ്രാധാന്യം അതിനാണ് അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലാതെ ഉറക്കം ഗെയിമോണെന്നല്ല ഇവിടെ പറയുന്നു പക്ഷേ ഈ ദൃഷ്ടാന്തത്തിലൂടെ സ്വ അനുഭവമായ ആ ദൃഷ്ടാന്തത്തിലൂടെ ഈ തത്വത്തെ വ്യക്തമാക്കുകയാണ് ഇവിടെ ജാഗ്രതൽ അത് പ്രത്യേകം മനസ്സിലാകും ഈ തത്വത്തെ സ്ഫുടമാക്കുന്നത് സ്ഫുടതരാ സംയത് എന്ന് പറയുന്നത് ജാഗ്രതയിലാണ് എന്തുകൊണ്ടാണ് ജാഗ്രതയിൽ വ്യക്തമാക്കുന്നത് കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ജാഗ്രതരാണ് ബന്ധവും മോക്ഷവും സ്വർഗവും നരകവും സുഷുതിയും സ്വപ്നവും എല്ലാം ജാഗ്രതരാണ് ജാഗ്രതയിലാണ് നമ്മളതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നതും പ്രശ്നവും പരിഹാരവും എല്ലാം ജാഗ്രതയിലാണ് മുഖ്യം ജാഗ്രത തന്നെയാണ് അതിനകത്ത് യാതൊരു ശ്രമിച്ചത് പക്ഷെ അതിനെ കേവല ജാഗ്രത ആയിട്ട് എടുത്തത് അത് അജ്ഞനുമുണ്ട് അതുകൊണ്ട് അവിടെ പറയുന്ന എന്താണ് സ്ഫുടതര സം പറഞ്ഞിരിക്കുന്നതാണ് ആ സംത് സ്വരൂപത്തിനാണ് ഇവിടെ പ്രാധാന്യം ഇല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞതും ചിന്തിച്ചതുമെല്ലാം അബദ്ധത്തിൽ ചെന്ന് ചാടി ഉറക്കത്തിൽ ചെന്ന് ാ മതിയെന്ന് വിചാരിക്കും അതുകൊണ്ട് പ്രശ്നം തീരത്തില്ല കാരണം ഉറങ്ങിയാൽ വീണ്ടും ഉണരും ഒരു സംശയവും വേണ്ട വീണ്ടും പ്രശ്നം വരും പ്രശ്നത്തിൽ പെട്ടുപോകും അതാണ് ഇവിടെ ഭാഷകാരം പറയുന്നതിൻ്റെ പരമമായ താല്പര്യം മറിച്ച് സ്വരൂപസ്ഥിതി സ്വരൂപ പ്രക്ഷേപനം ഈ രണ്ട് കാര്യങ്ങൾ ആശയക്കുഴപ്പം വരാൻ പാടില്ല അല്ലെങ്കിൽ കാര്യളുപ്പമായി ഉറങ്ങിയാൽ മതി സ്വസ്ഥം സുഖം ചിലർ ജനപ്രാതിനിധ്യങ്ങൾ കൃത്രിമമായ മാർഗങ്ങളൂടി അവലംബിച്ചു കളി ഞാൻ ഈ പറഞ്ഞു പറഞ്ഞെല്ലാരെയും ഉറക്കത്തി കൊണ്ടെത്തിച്ചു കഴിഞ്ഞു കാര്യമില്ല അവിടെ എന്ത് സംഭവിക്കുന്നു ഉറക്കത്തിൽ നടുത്ത് പറയുന്നു ദേവ സുപ്ത ഇവിടെ നിന്നെ രണ്ടിനെയും കൂടെ ബന്ധിപ്പിക്കുകയാണ് ആരാണ് ഉറങ്ങുന്നവൻ ഉറങ്ങുന്നതാരാണ് ഒരു സംശയം വേണ്ട ഈ ഉണർന്നിരിക്കുന്നവൻ തന്നെ നമ്മൾ ഉറങ്ങുന്നത് ഉണരുന്നവനെ ഉറങ്ങാൻ പറ്റും ഉണർന്നിരിക്കുന്നവൻ ആരാണ് ജീവൻ ഉറങ്ങുന്നതോ അതും ജീവൻ തന്നെ അവന് ഈ സസമ്പത്തി എന്നൊക്കെ പറയുന്നതോ ആ സസമ്പത്തിയിൽ ഉറക്കുമില്ല ഉണർവുമില്ല കഴിഞ്ഞ ദിവസം കുറച്ച് വിശദീകരിച്ചാണ് ഒന്ന് പറയുന്നു സസമ്പത്തിയാണ് അവിടെ രണ്ടാമതെന്നില്ല ഏകമേവ അതിഥീയോ പിന്നെ പറയുന്നു അങ്ങോട്ട് പോകുന്നു നാടികളിൽ കൂടി സഞ്ചരിക്കുന്നു അതാണ് ഇതാണെന്നെല്ലാം പറയുന്നത് ഇത് രണ്ടും നമ്പിനെങ്ങനെയാ ഇവിടെ ബന്ധപ്പെടുന്നു രണ്ടും നമ്പിനെ കൂട്ടിമുട്ടുന്ന സ്ഥലം ഏതാണ് അതിനടുത്ത് പറയുന്നത് യഥൈവ് സുപ്തഹ ഒരു ജീവൻ ഇങ്ങനെ ഉറങ്ങുമ്പോൾ സൗരേണ തേജസ് നാട്ട്യന്തർഗതേന സർവദ സമ്പന്നോ വ്യാപ്തോ ഭവതി അവിടെ ജീവൻ ജീവന്റെ നിലയുണ്ട് ഉറങ്ങുന്ന ജീവൻ അങ്ങനെ ഒരാളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ശ്രീകോവിലേക്ക് പ്രവേശിക്കുമ്പോ കോട്ടിൻ ടൈം എല്ലാം അഴിച്ച് പുറത്ത് വയ്ക്കുന്നു അപ്പോ തിരിച്ചു വരാൻ കാത്തിരിക്കുന്ന ഒരാൾ ആൾക്കാർക്ക് പുറത്തുണ്ട് കോട്ടൻ ടൈ ഒക്കെ കാത്തിരിക്കുന്നു എപ്പോഴാണ് തിരിച്ചു വരുന്നത് അപ്പോ അയാളുടെ പുറത്ത് കയറാന്ന് പറഞ്ഞിരിക്കുകയാണ് പുറത്ത് അതുപോലെ ജീവത്വത്തെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു ഇതൊക്കെ ജീവത്വത്തെ മാറ്റിവെക്കുന്നു ആ ജീവിത്വം കാത്തിരിക്കുകയാണ് തിരിച്ചു വരുമ്പോ വീണ്ടും ഈ വ്യവഹാരത്തിലേക്ക് പോകാൻ ആ ജീവഭാവം അതിന്റെ സൂക്ഷ്മരൂപത്തിലോ അല്ലെങ്കിൽ കാരണരൂപത്തിലോ ഇരിക്കുന്നു അതിനെന്നോട് പറയുന്നത് സുപ്ത സൗരേണ തേജസ് അസൂര്യ തേജസ് നാട്യ അന്തർഗതേന നാടികൾക്കുള്ളിൽ അസൂര്യ തേജസ് ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യും സർവതഹ സമ്പന്ന വ്യാപ്തോഭൂതി ആ സൂര്യ തേജസ് കൊണ്ട് വ്യാപ്തനായി ആ ജീവൻ സസമ്പത്തിൽ അല്ല ആ സസമ്പത്തിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി സസമ്പത്തിയിൽ ആരുമില്ല ഏകമയവാദിനി അതിനാണ് ഭാഷകാരം പറയുന്നത് തഥാസമ്പന്നോ ഭൂതി പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് തിരിച്ചു വരുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടേക്ക് പോകുന്നതിന് എന്റെ ആവശ്യമില്ല പക്ഷെ ഇവിടേക്ക് വരുന്നതിന് ആവശ്യമുണ്ട് സുഹൃത്തിയിലേക്ക് പോകുന്നതിന് വേണ്ടി ഇതൊന്നും സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമുണ്ട് കാരണം അവിടെ എൻ്റെയൊന്നും ആവശ്യമില്ല പക്ഷെ ജാഗ്രതയിൽ തന്നെ സൂക്ഷിച്ചു വെക്കണം കാരണം തിരിച്ചുകൂടെ വരണം അല്ലെ നമ്മൾ പറയുന്നു വ്യാഘ്രവ സിംഹവു വരാഗവ എന്തൊക്കെയാണോ ഉറങ്ങുന്ന അത് ഉണരുമ്പോ അതുപോലെ തന്നെ ഉണരുന്നു ഉറങ്ങിയവൻ തന്നെ ഉണർന്നു വരുന്നു ഈ ജാഗ്രതമായി ബന്ധപ്പെട്ട ഒന്ന് അങ്ങനെ സൂക്ഷ്മം എന്ന് പറയുന്നു അങ്ങനെ കാരണമെന്ന് പറയുന്നു ആ ഒരവസ്ഥയിൽ അതിന് സത്സമ്പത്തിയുമായിട്ടൊന്നും യാതൊരു ബന്ധുവില്ല സത്സമ്പത്തിയിൽ ഏകമേവാധര്യം സുഷുതി പക്ഷേ ഈ ജാഗ്രത് എൻ്റെ അവസാനത്തെ നില ജാഗ്രത്ത് സ്ഥൂലമാണ് അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഒരു നിലയിൽ ആജീവൻ നിലനിൽക്കുന്നു അതിന് സത്സമ്പത്തുമായി ബന്ധപ്പെടുത്തുന്നുണ്ട് കാരണം അതിന് ഏകമേവ അതിഥിയും എന്ന് പറഞ്ഞിട്ടുമുണ്ട് ഞാൻ പറഞ്ഞില്ല ഉറക്കം തന്നെ പലതരത്തിലല്ലേ ചിലപ്പോൾ നമ്മളുണ്ടെന്ന് പറയുന്നത് സുഖമായി പറഞ്ഞി ചിലപ്പോ പറയുന്നു ഉറക്കം ശരിയായില്ല ദുഃഖമായിരുന്നു അതിന് തന്നെ പല നിലകളുണ്ട് ഇപ്പൊ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചിലര് ശരിക്കുറങ്ങുന്നുണ്ട് ചിലർക്കൊരു മയക്കം മാത്രമേ ഉള്ളൂ പകുതി കേൾക്കുന്നുണ്ട് പകുതി കേൾക്കുന്നുണ്ട് എന്തോ സംഭവിക്കുന്നതറിയാം പക്ഷെ എന്താണെന്ന് വ്യക്തതയില്ല അത് ഒരു ഉറക്കമല്ലേ അർദ്ധനിദ്ര അർദ്ധസുഷു ചിലരിതോന്ന് കേൾക്കാൻ ഇരിക്കുമ്പം കണ്ണൊക്കെ ഇടയ്ക്ക് ധ്യാനിക്കാൻ തുടങ്ങും അപ്പൊ നേരെ അർദ്ധസുഷുതിയിലേക്ക് ഒരു മയക്കത്തിലേക്ക് മയക്കത്തിൽ ഇതൊക്കെ കേൾക്കും അപ്പൊ പിന്നീട് ഇവിടെ നിന്ന് എഴുന്നേക്കുമ്പോൾ ശരിക്കും ഉണർ ഞാനിത് കേട്ടത് മറ്റുള്ളവർ കേട്ട പോലെ അല്ല സമാധിയിലാ കേട്ടത് സമാധിയിലിരുന്നുകൊണ്ട് ഈ പറയുന്നതെല്ലാം കേൾക്കുന്ന ആൾക്കാരുമുണ്ട് അർദ്ധസുഷ്യിൽ മയക്കത്തിൽ അതുകൊണ്ടൊരു ഗുണമുണ്ടാവും കേൾക്കുന്ന സമയത്ത് മാത്രേ കേൾക്കൂ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണത്തില്ല സ്വപ്നം പോലെ അങ്ങനെ ഉറക്കത്തിന് പല നിലകളുണ്ട് അതിൽ അജീവൻ സുപ്തനായിരിക്കുന്ന ഒരവസ്ഥ അതിനെ കുറിച്ചാണ് പറയുന്നത് ജാഗ്രത സൂക്ഷ്മമായ അല്ലെങ്കിൽ കാരണരൂപത്തിലുള്ള ഒരവസ്ഥ അവിടെ സൗരേണ തേജസ്സായി അത് സുഹൃത്തി അല്ല പറയാൻ കാരണം അതിന് ഏകമേവ അതിഥിയോ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെ സത്സമ്പത്തി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെ സത്സമ്പത്തി അല്ല എന്തൊക്കെ ശേഷിക്കുന്നു അങ്ങനൊരവസ്ഥ അതുകൊണ്ടാണ് ചില ആചാര്യന്മാര് ഈ സുഷൃത്തി ജാഗ്രതയൊക്കെ പലതായിട്ട് ജാഗ്രത ജാഗ്രത്തിൽ സ്വപ്നം ജാഗ്രത അങ്ങനെയൊക്കെ വേർതിരിക്കും സരസ്വതിയും പറ്റും അതുപോലെ സ്വപ്നത്തെയും സുഹൃത്തിയും വേർതിരിക്കും ഇത് തന്നെ പല തലങ്ങളുണ്ട് അവിടെ ജീവൻ ആ തേജസ്സിനാൽ വ്യാപ്തനായിരിക്കുന്നു അതുകൊണ്ട് അതോ വിശേഷണ ചക്ഷുരാതി നാഡീദ്വാര ബാഹ്യവിഷയഭോഗ അപ്രസ്രതാനി കരണാന് അസ്യ സദാ തഥാഭവതി അപ്പോ അവൻ വിഷയങ്ങൾ ഗ്രഹിക്കുന്നില്ല ജീവൻ അവിടെ വിശേഷണ ചക്ഷുരാതി നാഡീദ്വാരേ ഹി ചക്ഷുരാദി നാഡീദ്വാരങ്ങളിലൂടെ ബാഹ്യവിഷയഭോഗായ അപ്രസൃതാനി കർണാനി കർണങ്ങൾ ബാഹ്യ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല കർണങ്ങൾ വിഷയങ്ങളിൽ വ്യാപരിക്കുന്നില്ല കർണങ്ങളെല്ലാം ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്നു എവിടെയോ ഒരു സ്ഥലത്തെല്ലാം വിലയിച്ചിരിക്കുന്നു ഇത് സത്സമ്പത്തിക്കും ജാഗ്രതത്തിനും ഇടയ്ക്കുള്ള ഒരു നിലയെക്കുറിച്ച് പറയാം പറയാറില്ലേ ഉറക്കം വരുന്നു ഉറക്കം എവിടുന്നാ വരുന്നു എങ്ങനെയാ അറിഞ്ഞത് ഇപ്പൊ ഉറക്കത്തിലേക്കൊരു യാത്രയാണ് അതിന്റെ ആരംഭത്തിലാണ് പറയുന്നത് ഉറക്കം വരുന്നു അങ്ങനെ ഒരു മയക്കത്തിലൂടെ പോയി എല്ല അവസാനിക്കുന്നു അപ്പോ ഇത് ജീവൻ ഇവിടെ നിന്ന് സുഹൃത്തിയിലേക്ക് പോവുകയാണ് സുഹൃത്തിയിലെത്തുമ്പോൾ എന്ത് ചെയ്യുന്നു സുഷൃത്തി ജീവൻ ഉപേക്ഷിക്കുന്നു ഇതുവരെ നിനക്ക് പ്രവേശനമുള്ളൂ ഇനി ഇങ്ങോട്ട് പ്രവേശനമുണ്ട് അവിടെ ഉപേക്ഷിക്കുന്നു ഇവിടെ നിന്ന് യാത്ര ചെയ്ത് ആ യാത്രയുടെ തുടക്കമാണ് ഈ മയക്കം എവിടെ എത്തിച്ചേർന്നു അവിടെ വെച്ച് എന്ത് ചെയ്തു ആ സുഷക്തി ആ ജീവനുപേക്ഷിച്ചു അതിന് തിരിച്ചു വരാൻ വയ്യ അതിന് പൂർണ്ണശക്തി ഇല്ല തിരിച്ചു വരാം ജീവൻ അവിടെ വിഷയം ബാഹ്യ ഗ്രഹിക്കാൻ കഴിയാതെ സുപ്തഭാവത്തിലിരിക്കുന്നു ഇതെല്ലാം തോടുകൂടി വാസന സംസ്കാരം ഇതെല്ലാമായിട്ടിരിക്കുന്നു എന്നാൽ അതിനപ്പുറം എന്താണ് സസമ്പത്തി ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ഇതിൻ്റെ ഒരു അന്തരാളം ജാഗ്രത്തിനും ഗടനിദ്രയ്ക്കും ഇടയ്ക്കുള്ള ഒരു അന്തരാളത്തിനാണ് ഈ ജീവൻ സുപ്താവസ്ഥയിലിരിക്കുന്നത് ഒരു ബീജം പോലെ ഈ അവസ്ഥകൾ വർണ്ണിക്കുന്ന അവസ്ഥകളെല്ലാം വാസനയോടുകൂടിയിരിക്കുന്നു വിഷയങ്ങളെ ഗ്രഹിക്കാതെയിരിക്കുന്നു എന്നെല്ലാം പറയുന്നതല്ല ജീവനെ സംബന്ധിച്ച് സസമ്പത്തി എന്ന് പറയുമ്പോൾ അത് സ്വസ്വരൂപത്തെ സംബന്ധിച്ച് സുഷത്തിയിൽ സ്വസ്വരൂപസ്ഥിതി അവിടെ സസമ്പത്തി തന്നെയാണ് എന്നാൽ ആ സത്സമ്പത്തി വിട്ട് ജാഗ്രതത്തിലേക്ക് വരുന്നു ആ വരവ് ഇവിടെ തുടങ്ങുന്നു അവിടെ മുതൽ ജീവന്റെ നാനാഭാവങ്ങൾ സൂക്ഷ്മ കാരണ സൂക്ഷ്മ സ്ഥൂലം ഈ പറയുന്നതെല്ലാം ഈ സത്സമ്പത്തിയും ജാഗ്രതും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള യുക്തികളാണ് എന്ന് മാത്രം അതിനെ ധരിച്ചാൽ ഇങ്ങനെ ഇത് ബന്ധപ്പെടുന്നു എന്നുള്ളതിനൊരു യുക്തി വേണമല്ലോ നമ്മളെ ബുദ്ധിക്കൊന്ന് ബോധ്യപ്പെടുന്നു അതൊരു വിചാര രീതി ഒരു പ്രക്രിയ പരമാർത്ഥത്തിൽ സത്സമ്പത്തി മാത്രമേ ഉള്ളൂ എന്നാലും നിരന്തരം ചോദിക്കുന്നൊരു ചോദ്യമാണ് ആ സത്സമ്പത്തിയിൽ നിന്ന് ഈ ജാഗ്രതയിലേക്ക് വരുന്നതിന് പരസ്പരം ബന്ധിപ്പിച്ച് എന്താണ് അതിനൊരു സമാധാനം പറഞ്ഞൂന്നേ ഉണ്ട് ഇവിടെ പ്രാധാന്യം അതിനുള്ള പ്രാധാന്യ സസമ്പത്തിക്ക് തന്നെയാണ് സ്വരൂപസ്ഥിതിക്ക് തന്നെയാണ് അതെങ്ങനെ പോകുന്നു വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല ഇവിടെ പ്രയോജനം വരുന്നത് ഈ ജാഗ്രത ആ സ്വസമ്പത്തി സ്വരൂപസ്ഥിതി എങ്ങനെ ഉണ്ടാകും അതിനെന്താണ് തടസ്സമായിരിക്കുന്നത് തടസ്സം ഇവിടെ തന്നെയുള്ള മൂലാജ്ഞാനമാണ് ആ ജ്ഞാനത്തെ നശിപ്പിച്ചാൽ വിവേകം കൊണ്ട് അതിനെ തുടർന്ന് വരുന്ന ദേഹാഭിമാനം മമതാബോധം കാമങ്ങൾ അതിനെ തുടർന്ന് വരുന്ന പ്രവൃത്തികളെല്ലാം അവസാനിക്കുന്നു അതൊന്നുമില്ലാതിരിക്കുന്നതിനാണ് സ്വരൂപസ്ഥിതി എന്ന് പറയുന്നത് സുഹൃത്തിൽ സ്വരൂപസ്ഥിതി എന്ന് എന്തുകൊണ്ട് പറയുന്നു അവിടെ അമൂലാജ്ഞാനമില്ല ഇതിനെല്ലാം കാരണമായിരിക്കുന്ന അജ്ഞാനം അവിടെയില്ല ആജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന അഹന്ത മമത അതവിടെയില്ല അതിനെ തുടർന്നുണ്ടാകുന്ന ഇച്ഛയില്ല അതിനെ തുടർന്ന് വരുന്ന കർമ്മങ്ങളുമില്ല അതുകൊണ്ട് അതിന്റെ സ്വരൂപസ്ഥിതി എന്ന് പറയും ജാഗ്രതൊന്നുമില്ല പിന്നീട് ജാഗ്രതത്തിൽ എന്തൊക്കെയാണോ ഒരു തത്വജ്ഞനെ സംബന്ധിച്ചുള്ളത് അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് പ്രാരബ്ധം കക്ഷിക്കാരുടെ അഭിപ്രായത്തിലുള്ളത് കർമ്മഛായ കാമിത്യാടു ഇതാണ് തത്വജ്ഞന്റെ അല്ലെങ്കിൽ തത്വജ്ഞാനത്തിന്റെ നില അല്ലെങ്കിൽ തത്വജ്ഞാനത്തിന്റെ ദൃഷ്ടിയിൽ സ്വരൂപസ്ഥിതി അല്ലെങ്കിൽ സ്വരൂപ പ്രച്ഛേപനം എന്ന് പറയുന്നത് ഇതാണ് തസ്മാത് അയം കർണാനാം നിരോധ എന്ത് ചെയ്തിരിക്കുന്നു കർണങ്ങളെയെല്ലാം നിരോധിച്ചിരിക്കുന്നു എവിടെയോ ഏതോ ഒരു രൂപത്തിലത് സ്ഥിതി ചെയ്യുന്നു അത് പിടിയില്ല ഈ ജാഗ്രത ഈ ബോധത്തിൽ അത് എവിടെയെന്നറിയാമല്ലോ പക്ഷെ ഒന്നറിയാം നിരോധിച്ചിരിക്കുന്നു നിരോധം അവിടെ സംഭവിച്ചിരിക്കുന്നു ഇതിന് അതുകൊണ്ട് ഇവിടെ ആ ജീവൻ എന്തായി സ്വതന്യേവ അപസ്ഥിത സ്വരൂപസ്ഥിതനായി സസമ്പന്നനായി തൻ്റെ ഭാരമെല്ലാം ഇറക്കി വച്ചിട്ട് വിശ്രമിക്കുന്നു സ്വരൂപസ്ഥിതനായി സ്വത്ത് നിന്ന് സ്വപ്നം എന്ന് വെച്ചാൽ രണ്ടിനെ എടുക്കണം ജാഗ്രത സ്വപ്നവും രണ്ടും അറിയുന്നില്ല രണ്ടുമില്ലാതെ ആ സ്വരൂപസ്ഥിതനായിരിക്കുന്നു ഇപ്പൊ ഞാൻ വിശദീകരിച്ച ഒരു പ്രക്രിയ ഇത് ഈ രീതിയിൽ തന്നെ മനസ്സിലാക്കണം പലതരത്തിലുള്ള പ്രക്രിയകൾ ഇവിടെയുണ്ട് ഒന്നു പറഞ്ഞൊന്നേ ഉണ്ട് ഓരോരുത്തർക്കും ബോധിക്കുന്ന രീതിയിൽ മനസ്സിലാക്കണം അത് മനസ്സിലാക്കേണ്ടത് മുഖ്യമായി കരുന്ന് എന്താണോ ഇവിടെ ഇന്ന് നമ്മൾ പറഞ്ഞത് ഈ സ്വരൂപ സ്ഥിതി അല്ലെങ്കിൽ സത്സമ്പത്തി എന്ന് പറയുന്നത് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ജാഗ്രതത്തിൽ തന്നെ അതിനുവേണ്ടി സുഷൃത്തി പോകേണ്ട കാര്യമില്ല അജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം അത് സുഷൃതിയിലാണ് സർവരെ സംബന്ധിച്ചിടത്തോളം അത് സുഷൃത്തിയിലാണ് ഇപ്പൊ ജാഗ്രതത്തിൽ കൊണ്ട് ജാഗ്രത തന്നെ അസ്വരൂപസ്ഥിതിയെ ഒരാൾ പ്രാപിച്ചിരിക്കുന്നു അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ഗതാഗതമില്ല പോക്കുപരവും ഒരിടത്ത് പോയി സത്സമ്മത്തി പ്രാപിക്കുക വീണ്ടും ഇവിടെ വന്ന് അജ്ഞനായിരിക്കുക അത് സംഭവിക്കുന്നില്ല ഇതിൻ്റെ എല്ലാം കാരണമായിരിക്കുന്ന എന്താണ് സ്വരൂപജ്ഞാനം അത് സംഭവിക്കണം എല്ലാ പ്രശ്നങ്ങളും ജാഗ്രതത്തിലാണ് എല്ലാ പരിഹാരവും ജാഗ്രതയിൽ തന്നെ ഇത് അദ്വൈതത്തിന്റെ നില അദ്വൈതജ്ഞാന ഇത് അതിന്റെ വിശദീകരണങ്ങളാണ് ആധ്യാത്മികത എന്ന് പറയുന്ന അദ്വൈതം മാത്രമല്ല അതിന് ഒരുപാട് തലങ്ങളുണ്ട് അവിടെയൊക്കെ ഇത് മറ്റു പലതരത്തിലും വ്യാഖ്യാനിക്കും ഭാഷ്യകാര നിലപാടിലാ എന്താണ് തത്വജ്ഞാനം എന്താണ് മുക്തി അതിൻ്റെ ഉപായം എന്താണ് അതൊക്കെ അദ്വൈതത്തിലും ഭാഷ്യകാരൻ നിലയിൽ പ്രത്യേകം പറയേണ്ടി വരും കാരണം ഇതിന് തന്നെ പിൻകാലത്ത് കൂടി ചേർത്തിട്ടുണ്ട് അദ്വൈതത്തെ ഈ പറയുന്ന അദ്വൈതം പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ നേരെ ചിത്തവൃത്തി നിരോധമായ യോഗത്തിലേക്ക് പോയി സമാധി വഴിയൊക്കെ സഞ്ചരിച്ചങ്ങ് പോവും ഇത് വിടും അങ്ങനെ വന്നിട്ടുണ്ട് ചിലരിത് ഈ അദ്വൈതത്തെ കുറിച്ച് പറഞ്ഞു വരും പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു നേരെ കുണ്ടലിനി യോഗത്തിലേക്ക് പോവും ക്ഷലാധാരങ്ങൾ കുണ്ടലിനി സഹസ്രാരത്തിൽ ചെന്ന് ശിവശക്തി അയയ്ക്കും അങ്ങനെയുള്ള വിഷയങ്ങളിലേക്കെങ്ങും അദ്വൈതത്തിലാണ് തുടങ്ങുന്നു ചിലർ ഇനി അതുപോയിട്ട് തന്ത്രമന്ത്ര യന്ത്രങ്ങളിലേക്കൊക്കെ പോവും അങ്ങനെ ഒരുപാട് വഴിയിലൂടെ അദ്വൈതത്തിൽ നിന്ന് സഞ്ചരിക്കുന്നുണ്ട് ഇതിനെല്ലാം അദ്വൈതമായിട്ട് കൂട്ടിക്കെട്ടുന്നുണ്ട് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നു ചെയ്തോട്ടെ എനിക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല അവരോടും പക്ഷേ ഭാഷ്യകാരൻ ഇതിനെ ഒന്നിനോടും ബന്ധിപ്പിക്കുന്നില്ല ഭാഷ്യകാരൻ ഇവിടെ പറയുന്നത് ശുദ്ധമായ അത്വം അതിനെ യോഗവുമായിട്ടോ മന്ത്രവുമായിട്ടോ തന്ത്രവുമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഉപാസനാക്രമങ്ങളുമായിട്ടോ അതിനെ ബന്ധിപ്പിക്കുന്നില്ല ഉപാസനയെക്കുറിച്ച് പറയുമ്പോൾ പറയാം അത് വേറെ ഉപാസന ഇന്നതാണ് അതിൻ്റെ ഫലം ഇന്നതാണ് അതിനെ മാറ്റി നിർത്തും കർമ്മം ഇന്നതാണ് കർമ്മയോഗം ഇന്നതാണ് അതിൻ്റെ ഫലം ഇന്നതാണ് ഓരോന്നിനെയും മാറ്റി നിർത്തും അദ്വൈതം അത് ഇന്നതാണ് തത്വജ്ഞാനമില്ല അതിനെ മറ്റൊന്നിനോടും ബന്ധിപ്പിക്കത്തില്ല നമ്മുടെ ഇഷ്ടാനുഷ്ടങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മൾ ബന്ധിപ്പിക്കുന്നത് നമുക്ക് കുണ്ടലിനി ഇഷ്ടമാണെങ്കിൽ നമ്മളിതിനെ അതിനോട് കൂട്ടിക്കെട്ടും എന്നിട്ട് പറയും ഇതാണ് അദ്വൈതമെന്ന് പറയും അതൊക്കെ അദ്വൈതമാണെന്നും ഭാഷയകാരൻ്റെ അഭിപ്രായമില്ല ഉണ്ടെങ്കിൽ അതിവിടെ പറഞ്ഞില്ല നമ്മൾ കുറച്ച് വർഷങ്ങളായി ഇതിന് അധ്വാനിക്കുന്നുണ്ട് ഇതുവരെ ഭാഷകാരൻ അതൊന്നും പറഞ്ഞതായി ഒരിടത്തും വന്നിട്ടില്ല ഇങ്ങോട്ട് വരാനും പോകുന്നില്ല അതൊരു ശുദ്ധമായ അദ്വൈതത്തെ അതൊരു കലർക്കും ഇല്ലാതെ പറയുന്നു അത് ഈ തരത്തിലാണ് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണ് സ്വ അനുഭവത്തി എന്നുകൊണ്ട് പറഞ്ഞു ഭാഷ്യകാരന്റെ അദ്വൈതം മുഴുവൻ അജ്ഞന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് അല്ല തത്വജ്ഞന്റെ അനുഭവത്തിനൊന്നുകൊണ്ടല്ല അതെന്താ അങ്ങനെ പറയാൻ കാരണം കാരണം ഭാഷകാരൻ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുള്ളൂ ജാഗ്രത സ്വപ്നം സുഷുതി ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചയല്ലാതെ നാലാമതെ കുറിച്ച് ചർച്ച ചെയ്യുന്ന നിങ്ങൾ ഈ ഭാഷയിൽ ഒരിടത്തും കിട്ടത്തില്ല അദ്വൈതത്തെക്കുറിച്ച് പറയുന്നു ഭാഷയത്തിൽ ഒരിടത്തും കിട്ടത്തില്ല ഈ മൂന്നവസ്ഥയെ ആശ്രയിച്ചിട്ടാണ് സർവവും ചർച്ച ചെയ്യുന്നത് അതിൽ തത്വജ്ഞാനത്തെക്കുറിച്ചും അജ്ഞാനനാശത്തെക്കുറിച്ചും എല്ലാം അതിൽ ചർച്ച ചെയ്യും അത് എന്തെങ്കിലും ഒരു നിഗൂഢമായ അവസ്ഥ നിഗൂഢമായ ഒന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല ഇത് അജ്ഞന് പറഞ്ഞാൽ മനസ്സിലാകും കാരണം അച്ഛനാണല്ലോ ഞാനും ഉണ്ടാകില്ല സമാധിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞന് മനസ്സിലാകത്തില്ല കാരണം അവൻ്റെ അനുഭവത്തിൽ ഉള്ള കാര്യമില്ല അതുകൊണ്ടാ പറയാ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ ബോധവത്കരിക്കുന്നു പരിചയം വേണ്ടേ അതുകൊണ്ട് അജ്ഞന് പരിചയമുണ്ട് ജാഗ്രസ്വപ്പന സുഹൃത്തികൾ അതിനെ കുറിച്ച് ഭാഷകാരൻ പറയുന്നുണ്ട് ഒരു തരത്തിലുള്ള നിഗൂഢതയും അതി പറയുന്നില്ല എനിക്ക് മാത്രമുള്ള ഒരു അവസ്ഥ നിനക്കില്ലാത്ത അവസ്ഥ എന്നങ്ങ് പറയുന്നില്ല സർവ്വസാധാരണമായ മൃഗങ്ങൾക്ക് കൂടിയുള്ള അവസ്ഥ ചെറുതാണ് അതെന്ന് പറയുന്നു സുഹൃത്തി അതിനിവിടെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ശ്രുതി അത് തന്നെ ചെയ്യുന്നു നമ്മൾ അതിശയിച്ചു അന്നൊന്നും ഈ സമാധിയൊന്നും ഉണ്ടായിരുന്നില്ലേ എന്നിവരെ ചിന്തിച്ചു പോകും കാരണം അത് പറഞ്ഞാൽ അത് വ്യക്തിനിഷ്ഠമായ അനുഭവമായി പോകും അതിൽ നിഗൂഢാത്മകത വരും അങ്ങനെയൊന്നും ഇല്ലയെന്ന് ഭാഷകാരൻ പറയുന്നില്ല അത് കങ്ങീരിക്കുന്നുണ്ട് പക്ഷെ അദ്വൈതത്തെ അങ്ങനെയുള്ള ഒരു കാര്യത്തെ ഭാഷകാരൻ പറയുന്നില്ല പറയുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക എവിടാ പറയുന്നു അത്തരം അവസ്ഥകളെക്കുറിച്ചൊക്കെ പറയുന്നത് ഉപാസന പോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതൊക്കെ അദ്വൈത ബോധത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ ഒരു നിഗൂഢതയ്ക്ക് സ്ഥാനമില്ല അത് ചർച്ച ജാഗ്രതത്തിലാണ് അത് ജാഗ്രതയിൽ തന്നെ ബോധ്യപ്പെടേണ്ട കാര്യമാണ് അത് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അതിന് ഭാഷ്യകാരനല്ല അതിന് എന്തുകൊണ്ടാണ് അത് ബോധ്യപ്പെടാത്തതെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് സുഹൃത്തിയെ സംബന്ധിച്ച് ഇതാണ് അവസ്ഥ അവിടെ സ്വരൂപസ്ഥിതിയാണ് അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടാണ് ഈ കോലാഹലങ്ങളെല്ലാം പെടുന്നത് ഇവിടെ ഇത് വിട്ടാലേ അവിടെ എത്താൻ പറ്റൂ അതുകൊണ്ട് പ്രശ്നവും പ്രശ്ന കാരണവും പ്രശ്ന പരിഹാരം ഇവിടെയാണ് പ്രശ്നം എന്താണ് നാരദം പറഞ്ഞ് ശോകം പ്രശ്നത്തിന് കാരണം എന്താണ് ശോക കാരണം അജ്ഞാനം എന്താണ് അതിന്റെ പരിഹാരം ശോകം നിവൃത്തി ഇത് മൂന്നും ഇവിടെ തന്നെ ഭാഷകാരം പറയുന്നതനുസരിച്ച് ഈ ജാഗ്രതയിൽ തന്നെ